ഓം ഇദക്ഷിതം തസ്യം ഭൂതംഭവത് ഭവിഷ്യം ഓം കാരൃത്തിോങ്ക ൈമ സ്വപ്നസ്ഥാനോന്ധ പ്രജ്ഞസോനവിശതിമുഖ പ്രവിത്തഭുക്യജസോ ദ്ധ യുക്തോണമയത്തിനു കനം പശ്യ തത്സുക്തം സന ഏകീഭൂതപ്രജ്ഞാനഘനൈവാനന്ദമയാനന്ദഭുക്ച്ഛോ മുഖപ്രാസ്തൃതീയപദ േശ്വരേഷരെയധനം ന്രജ്ഞം അതൃശ്യം അവ്യവഹാര്യമ്രാഹ്യം അലക്ഷണം അചിന്യം അയ്യപദേശ്യം ഏകാധ്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന് സാത്മാേയ मात्रा मात्रा ജഗരിതസ്ഥാനോ അക്കാര मात्रा സ്വപ്നസ്ത്ര ഉഷ ഉൻ വ വൈ ജനസന്ധതി നമ്മം വേദ സാമ കാല തൃതീയാ മാത്ര സ്മിതിരപീദീർമോദിശമാത്ര ചതുവഹാര പ്രപഞ്ചോ വശോ അദ്വൈതോകാരൈവ സംവിശരി ആത്മന ആത്മാനം എം വേദ സം ദി പ്രവർണ്ണത 68 ആമദ പരിയ യഥാ സ്വപ്നമയോ ജീവോ ജയതേ മറിയതേ പിതാ തഥാ ജീവ അമീ സർവേ ഭവന്ദന ഭവന്ദിതാ യഥാസ്വപ്നമയോ ജീവ സ്വപ്ന ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയുന്നു ജാഗ്രത മനസ്സിലാക്കാൻ സ്വപ്നമയനായിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് സ്വപ്നം കാണുന്നയാൾ കാണുന്ന ജീവൻ അതാണ് സ്വപ്നമയനായ ജീവൻ അവിടെയും ജാതെ പ്രിയത്തെ അവിടെയും ജനന മരണങ്ങളെല്ലാം സംഭവിക്കും സ്വപ്നത്തിലൊരാൾ ജനിക്കുന്നതായും മരിക്കുന്നതായും അനുഭവപ്പെടാം അതുപോലെയുള്ളൂ തഥ അമി സർവേ ജീവ അതുപോലെ തന്നെയാണ് ഇവിടെ കാണുന്ന സർവ്വ ജീവന്മാരും അതിവിടെയും ബാഹ്യമായി ജനന മരണങ്ങൾ അനുഭവിക്കുന്നുണ്ട് സ്വന്തം ജനന മരണങ്ങളെ കുറിച്ചും സങ്കല്പിക്കുന്നുണ്ട് പുറമേ ഉള്ള മാത്രമല്ല കാഴ്ചക്കാരന്റെ ജനന മരണങ്ങളെ കുറിച്ച് കൂടി ചേർത്ത് പറയുകയാണ് സർവേ ഭവന്തി നവന്തി ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ഉത്പത്തി വിനാശങ്ങൾ വരുമ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഈ ഉത്പത്തി വിനാശങ്ങൾ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന പോലെ തന്നെയാണ് അപ്പോ മുമ്പ് കഴിഞ്ഞ കരിയിൽ പറഞ്ഞു ദൃശ്യങ്ങൾ ദർശനത്തിനൊന്നും വേറിട്ടില്ല അതാണ് പ്രധാനമായിട്ടും ചിത്തചൈത്യം അതിൻ്റെ അഭേദത്തെക്കുറിച്ച് പറഞ്ഞു അത് അഭേദമാണെങ്കിൽ അഭേദമായി തന്നെ അനുഭവപ്പെടണം ഇവിടെ അനുഭവപ്പെടുന്നത് ഭേദരൂപത്തിലാണ് ഭേദരൂപത്തിന് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ജനന മരണങ്ങൾ അനുഭവപ്പെടുന്നത് അഭേദം എന്തുകൊണ്ട് ഭേദരൂപത്തിന് അനുഭവപ്പെടുന്നു ഭേദരൂപത്തിൽ അനുഭവപ്പെട്ടാൽ അതെങ്ങനെ അഭേദമാകും അതിന് സമാധാനവും കൂടെ പറയും മുതൽ ദൃശ്യ ദൃശ്യങ്ങളുടെ അഭേദം ശാസ്ത്രത്തിൽ പറയുന്നു ഒരു തത്വമായി പറയുന്നു അനുഭവം അനുഭവത്തിൽ ഭേദമാണ് അനുഭവപ്പെടുന്നത് അനുഭവത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ അതിന് അനുഭവം കൊണ്ട് നിഷേധിക്കാം പക്ഷെ അനുഭവം കൊണ്ട് നിഷേധിക്കണമെങ്കിൽ അനുഭവം സത്യമായിരിക്കും എന്നാലേ അനുഭവം കൊണ്ട് നിഷേധിക്കാൻ പറ്റും പറഞ്ഞ ഒൻപത് പറഞ്ഞ കാര്യത്തെ ഒരാൾ പറയുകയാണ് നിങ്ങൾ പറയുന്ന അഭേദത്തെ അനുഭവം കൊണ്ട് നിഷേധിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു അനുഭവം കൊണ്ട് നിഷേധിക്കാൻ സാധ്യമല്ല കാരണം അനുഭവം സത്യമാണെങ്കിൽ അതൊന്നും നിഷേധിക്കാൻ പറ്റും അനുഭവത്തെ അംഗീകരിക്കാം പക്ഷെ അനുഭവം കൊണ്ട് ഈ അഭ്യദത്തെ നിഷേധിക്കാൻ സാധ്യമല്ല അതാണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് ഈ കാര്യം അതിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് സാധ്യമല്ല കാരണം ഈ അനുഭവം സത്യമല്ലാത്തതുകൊണ്ട് അനുഭവമായിരിക്കുക എന്നാലത് സത്യമല്ലാതിരിക്കുക എന്ന് പറയുന്നതിന് എന്താ അർത്ഥമാണോ സമാനം പറയുന്നു അനുഭവമായതുകൊണ്ടൊന്നും സത്യമായി കൊണ്ടുവന്നില്ല സത്യം എന്നെന്തുകൊണ്ട് പറയുന്നു സത്യം പറയാൻ കാരണം പറയുന്നത് അനുഭവമാണ് അതാണെന്ന് പറയുന്നത് സത്യത്തിന് പ്രമാണമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് സ്വ അനുഭവത്തെയാണ് സാറിന് ഏത് കാര്യത്തെ സംബന്ധിച്ചും അങ്ങനെയാണ് പറയുന്നത് അതെന്തുകൊണ്ട് സത്യമായതിന്റെ അനുഭവമാണ് പറയും ഞാൻ കേട്ടത് കൊണ്ട് സത്യം ഞാൻ കണ്ടതുകൊണ്ടത് സത്യം ഞാൻ അറിഞ്ഞതുകൊണ്ട് സത്യം ഇങ്ങനെ പറയും അതിനിവിടെ നിഷേധിക്കുന്നു കാരണം അനുഭവമായതുകൊണ്ടൊന്നും സത്യമാണോ എന്നല്ല അല്ലെങ്കിൽ അനുഭവത്തെ സത്യത്തിന് പ്രമാണമാണോ നമ്മൾ കരുതുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ എല്ലാ അനുഭവങ്ങളെയും സത്യം എന്ന് പറയേണ്ടി വരും ഒരു അനുഭവത്തെ സത്യത്തിന് പ്രമാണമായി സ്വീകരിക്കുകയും മറ്റൊന്നിനെ അങ്ങനെ അല്ലാതെ സ്വീകരിക്കാനും പറ്റത്തില്ല ഉദാഹരണം സ്വപ്നം തന്നെ സ്വപ്നം അനുഭവമാണ് എനിക്ക് പറയാൻ പറ്റുമോ സ്വപ്നം എനിക്ക് അനുഭവപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റൂ പറ്റത്തില്ല മറിച്ച് അനുഭവപ്പെട്ടെന്നേ പറയാൻ കഴിയുന്നുള്ളൂ അനുഭവപ്പെട്ടതുകൊണ്ട് സ്വപ്ന ദർശനം സ്വപ്ന ദൃശ്യങ്ങൾ സത്യം എന്ന് പറയാൻ കഴിയും കഴിയത്തില്ല അപ്പൊ സത്യത്തിന് അനുഭവത്തെ പ്രമാണമായി എങ്ങനെ സ്വീകരിക്കാൻ പറ്റും അത് മാത്രമല്ല ഇവിടെ സമർത്ഥിക്കുന്നത് എന്താണോ അനുഭവം ആയതുകൊണ്ട് തന്നെ ഇത് സത്യമായിരിക്കത്തില്ല എന്നുള്ള തിരിച്ചു പറയുന്നതിന് ആണ് വാസ്തവത്തിൽ ഈ അനുഭവം പ്രമാണമായിരിക്കുന്നത് എന്നുവെച്ചാൽ അനുഭവം നമ്മൾ അനുഭവിക്കുന്നത് സത്യമെന്നുള്ളതിന അനുഭവം അനുഭവിക്കുന്നതിന് അസത്യമെന്നുള്ളതിന് പ്രമാണോ എന്തുകൊണ്ട് സ്വപ്നം അനുഭവിച്ചു വളർന്നതിനു ശേഷം പറയുന്നു അത് അനുഭവിച്ചതുകൊണ്ട് തന്നെ അത് അസത്യമാണ് അതാണ് സുഹൃത്തി സ്വപ്നവും തമ്മിലുള്ള വ്യത്യാസം സുഹൃത്തിയെ സംബന്ധിച്ച് നമുക്ക് സത്യമെന്നും അസത്യമൊന്നോ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവിടെ അനുഭവം സ്വപ്നത്തെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ എന്താണോ അത് അസത്യമാണ് എന്തുകൊണ്ടത് ഉറപ്പിച്ച് പറയുന്ന കാരണം അവിടെ അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ അനുഭവം എന്ന് പറയുന്നത് സത്യത്തിനാണോ പ്രമാണോ അതെ അസത്യത്തിനാണോ പ്രമാണം അനുഭവം അസത്യത്തിന് പ്രമാണമാണോ എന്നാണ് സ്വപ്നനിഷ്ടാന്തത്തിലൂടെ സമർപ്പിക്കുന്നത് അപ്പൊ സ്വപ്നം അനുഭവമാണെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം അങ്ങനെയാണെങ്കിൽ ജാഗ്രത എന്തു വിളിയും നുഭവം തന്നെയാണ് അനുഭവം സത്യത്തിനല്ല അസത്യത്തിനാണ് പ്രമാണമെങ്കിൽ ഈ ജാഗ്രത അസത്യത്തിനാണ് പ്രമാണം ജാഗ്രതത്തിലെ ദർശന ദൃശ്യങ്ങൾ ഇത് അസത്വമാണ് ഇത് പരമാർത്ഥമല്ല അതാണ് യുക്തി ഇവിടെ പറയുന്നത് യുക്തി മാത്രമല്ല നമ്മുടെ അനുഭവം അങ്ങനെയാണ് ഒരനുഭവം അനുഭവത്തിന് ശേഷം അസത്യമാണെന്ന് ബോധ്യപ്പെട്ട അത് അനുഭവമായതുകൊണ്ട് തന്നെ അതിന് സമാനമായ ഏത് അനുഭവങ്ങളും അസത്യമാണെന്ന് ബോധ്യപ്പെടാം അതിപ്പോ ബോധ്യപ്പെടുന്നില്ലല്ലോ എന്ന് ചോദിക്കും കാരണം അത് ആ അനുഭവം തുടരുന്നു ആ അനുഭവത്തിൽ നിന്ന് മാറിയാൽ അത് അസത്യമാണെന്ന് ബോധ്യപ്പെടാം അനുഭവത്തിൽ തുടരുന്നത് കൊണ്ടാണ് സത്യമാണെന്ന് തോന്നുന്നു അത് സ്വപ്നത്തിനും അങ്ങനെ തന്നെയായിരുന്നു എത്ര കാലം സ്വപ്നാനുഭവത്തിൽ തുടർന്നിരുന്നോ അത്രയും കാലം അത് സത്യം തന്നെയായിരുന്നു എപ്പോഴാണോ അതിൽ നിന്നും മാറാൻ കഴിഞ്ഞത് ഇപ്പോഴേ അത് അസത്യമായി അതുപോലെ ഈ ജാഗ്രത അനുഭവം അസത്യമായി തീരും ഈ അനുഭവത്തിൽ നിൽക്കുന്നിടത്തോങ്ങാനും ഇത് സത്യമായി അനുഭവം പക്ഷേ ഈ അനുഭവത്തിൽ നിന്ന് മാറിയാൽ അത് അസത്യമായി അതുകൊണ്ട് ഭേദ അനുഭവം ഒരിക്കലും സത്യത്തിന് പ്രമാണമല്ല അത് സ്വപ്നത്തെ പരിശോധിച്ച് നോക്കുക അനുങ്കൾ സ്വപ്നം എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടായില്ലെന്ന് പറയണ്ടി അതുകൊണ്ട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിന് സത്യം എന്ന് നമ്മൾ പറയുന്നത് നമ്മളങ്ങനെ ധരിച്ചിരിക്കുന്നത് അത് യുക്തിക്ക് നിരക്കുന്നതല്ല നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ട് അങ്ങനെ തീരുമാനിക്കുന്നതാണ് എന്നാണ് പറയുന്നു അതുകൊണ്ട് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞെന്താണോ ഇത് വിജ്ഞാന വ്യതിരിക്തമായി ചിത്തിൽ നിന്ന് അന്യമായി ഇതൊന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ വിജ്ഞാനം വ്യതിരിക്തമാണെന്നുള്ള അനുഭവമുണ്ട് വിജ്ഞാനം വ്യതിരിക്തമല്ലാത്തവേ വിജ്ഞാനം വ്യതിരിക്തമായി അനുഭവപ്പെടുന്നത് അത് അസത്യമാണ് അതിന് ദൃഷ്ടാന്തം സ്വപ്നമാണ് അതാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇതുകൂടെ ഭാഷകാരൻ കൂടുതൽ വ്യാഖ്യാനിച്ചിട്ടില്ല കാരണം ഇത് മുമ്പ് വിശദീകരിച്ചതുകൊണ്ട് जीवा जीवा अमी अमी सर्वे माया मयो जीवो सर्वे യഥാ മായാമയോ ജീവ മായാമയനായ ജീവൻ ജായത്തെയും വിനിയതേപ്പിച്ച ജനിക്കുകയും മരിക്കുകയും ചെയ്യും ഇതെന്തിനാണ് ഇത് പറയുന്നത് കാരണം ജാഗ്രത അനുഭവങ്ങൾ പറയുമ്പോൾ ഉടൻ സ്വപ്നത്തിലേക്ക് പോകുന്നു സ്വപ്നം അസത്യമാണ് അത് ക്ഷണികമാണ് ഇങ്ങനെയൊക്കെയാണ് അനുഭവം പക്ഷേ അത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ട ഒരു ഉദാഹരണത്തിലൂടെ സത്യമാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നിനെങ്ങനെ അസത്യമാക്കാൻ പറ്റും മറ്റൊരു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതങ്ങനെ ബോധ്യപ്പെടാത്തതാണ് ജാഗ്രതം അതുപോലെ അസത്യമാണെന്ന് പറയാൻ സ്വപ്നത്തെ ദൃഷ്ടാന്തമായി എടുത്ത് കാണിക്കുന്നത് ശരിയല്ല കാരണം ഇത് രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഒന്നിന് സമാനമല്ല മറ്റൊന്ന് അങ്ങനെ പറയാം ചോദ്യം ചോദിക്കുന്ന ആൾ പറയുകയാണ് ദൃഷ്ടാന്തം ഇപ്പോൾ നമ്മൾ ജാഗ്രത അനുഭവങ്ങൾ പരമാർത്ഥമല്ല എന്ന് പറയുന്നതിന് ജാഗ്രത ഉദാഹരണത്തില്ല അല്ലാതെ സ്വപ്നത്തിലേക്ക് പോയാൽ ശരിയാകും അതുകൊണ്ട് ജാഗ്രത ഉദാഹരണമെന്ന് അടുത്ത് പറയുന്നത് ജാഗ്രത എന്താണ് തെളിയിക്കുന്നത് ഒരു കാര്യം അനുഭവപ്പെടുന്നത് കൊണ്ട് മാത്രം അത് സത്യം വാങ്ങണമെന്നില്ല അതിന്റെ ജാഗ്രത്തിൽ എന്താണ് മായാമയം ഇന്ദ്രജാലക്കാരൻ മായാമയം എന്ന് പറയുന്നത് ഇന്ദ്രജാലക്കാരൻ ആനയും കുതിരയും എല്ലാം ഉണ്ടാക്കി കാണിക്കുന്നു വളരെ സമർത്ഥനായ ഒരാളാണെങ്കിൽ അവിടെ അയാൾക്ക് ജനന മരണങ്ങളെല്ലാം നമുക്കുണ്ടാക്കി ബോധ്യപ്പെടുത്താൻ പറ്റും അത് ജാഗ്രതയിലാണല്ലോ സംഭവിക്കുന്നത് സ്വപ്നത്തിലല്ല ജാഗ്രതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് സംഭവിച്ചത് അത് സുഖം എന്ന് പറയത്തില്ല കാരണം അവിടെ ഉറങ്ങുന്നില്ല ഉണർന്ന് ഇരിക്കുകയാണ് പക്ഷേ ജാഗ്രത അത് അനുഭവമാണ് ഇന്ദ്രജാലം കണ്ടതിന് ശേഷം ഞാൻ ഇന്ദ്രജാലമേ കണ്ടിട്ടില്ല എന്നാർക്കും പറയാൻ പറ്റത്തില്ല പക്ഷെ അത് അനുഭവമായിരുന്നിട്ടും പ്രത്യക്ഷമായ അനുഭവമായിരുന്നിട്ടും അത് അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നു ഒരു ദൃഷ്ടാന്തത്തിലൂടെ അനുഭവം അസത്യമാണെന്നും ബോധിപ്പിക്കുന്നതിന് സ്വപ്നം വരെ പോകണമെന്നില്ല വ്യാഗ്രഹത്തിൽ തന്നെ അതുണ്ടാകാം അവിടെ ആർക്കും വാശി പിടിക്കാൻ പറ്റത്തില്ല എന്താണ് ഞാനത് സത്യമായി അനുഭവിച്ചതാണ് അതുകൊണ്ട് അത് എപ്പോഴും സത്യമായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല അവിടെയും പറയും എന്താണോ ഞാനത് സത്യമായി അനുഭവിച്ചെങ്കിലും ഇപ്പോ ഞാനിപ്പോ ഇന്ദ്രചാലക്കാരന്റെ മായാശക്തിയിൽ നിന്ന് ഞാൻ മുക്തനായി ഞാൻ ഇന്ദ്രചാലത്തിലാവപ്പെട്ടിരിക്കുകയല്ല എന്റെ മനസ്സ് അപ്പൊ ഞാൻ മുക്തനായതുകൊണ്ട് ഇപ്പോ ഞാൻ അത് ബോധിക്കുന്നു എന്താണോ അവിടെ കണ്ട ആനയും കുതിരയുമൊന്നും സത്യമല്ല അത് ജാഗ്രത്തിലും ബോധിക്കാൻ പറ്റും ദൃഷ്ടാന്തത്തിലൂടെ അപ്പോ ഇത് എന്ത കാണിക്കുന്നത് രജ്ജുസർപ്പം പോലെയുള്ള ദൃഷ്ടാന്തങ്ങളെടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ പറയും അത് ക്ഷണികമാണ് അതുമാത്രമല്ല അതിനെ കുറിച്ച് പറയുക അത് യാദൃശ്യവുമായി സംഭവിക്കുന്നതാണ് അത് കയറ് വേണം അരണ്ട വെളിച്ചം വേണം മനസ്സിൽ ഭയം വേണം ആശങ്കകൾ ഉണ്ടായിരിക്കണം ഇങ്ങനെ പലതും കൂടി ചേരുമ്പോ സംഭവിക്കുന്നതാണ് ആ സംസ്കാരം വേണം ഇങ്ങനെ പലതും പറയും ഇന്ദ്രജാലത്തിനൊന്നും അവിടെ മറ്റൊന്നിനെ അപേക്ഷിക്കുന്നുണ്ട് അത് ഇന്ദ്രജാലക്കാരന്റെ സാമർഥ്യത്തെ മാത്രം അപേക്ഷിക്കുന്നു അയാൾ സമർത്ഥനാണെങ്കിൽ ഏതു സമയത്തും ഏത് കാലത്തും ഇന്ദ്രജാലം അത് കാണിച്ചു അത് കാണുന്നവന്റെ ബുദ്ധിയെ സാഹചര്യങ്ങളൊന്നും അപേക്ഷിക്കുന്നു അവൻ സമർത്ഥനാണോ അവൻ കാണിച്ചാൽ കണ്ടു തന്നെ തീർന്നു യാദർച്ഛ്യവുമായി ക്ഷണികമല്ല ഇന്ദ്രജാലക്കാരൻ സൃഷ്ടിക്കുന്ന കാലദേശങ്ങളിലൂടെ ചിലപ്പോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും സഞ്ചരിച്ചില്ല മായാലോകത്തിൽ അത് ഇന്ദ്രജാലത്തിലെ കാലദേശങ്ങളിലാണ് അപ്പൊ അത് ക്ഷണികം എന്ന് പറയാൻ കഴിയും അപ്പൊ അത് മറ്റൊരു ജാഗ്രത മായാമയമായ ജാഗ്രത അത് ഈ ജാഗ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ സുഷൃത്തി പോലെയുള്ള അനുഭവങ്ങളൊന്നും കൂടാതെ തന്നെ നേരിട്ട് പ്രവേശിക്കുകയാണ് ദുർഘാനോടെ സഞ്ചരിക്കുകയാണ് ജാഗ്രത്തിൽ അത് സംഭവിക്കാം അതും അവിടെയും എന്താണ് ഇക്കാര്യം ബോധ്യപ്പെടണം ഒരു കാര്യവും പ്രത്യക്ഷമായി അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് പറയുന്നു മായാമയനായിരിക്കുന്ന ജീവൻ ജായതെ മുറിയേതിരിപ്പിച്ച തഥാ ജീവാമീ സർവേ ഭവന്തി നവന്തി അതുപോലെ ഈ കാണുന്ന സർവത്തിന് സംഭവിക്കാം ഇതും അങ്ങനെ എന്തുകൊണ്ടായിക്കൂടെ ഇവിടെയും ഈ കാണുന്ന ജനന മരണങ്ങളും മറ്റും കേവലം ചിത്തദൃശ്യങ്ങൾ അല്ലെങ്കിൽ അടുത്തിടെ പറയാൻ പോകുന്ന പോലെ കേവലം ചിത്തസ്പന്ദനം അതിനപ്പുറം നമ്മൾ കരുതുന്നത് പോലെയുള്ള അതിന് സ്വതന്ത്രമായ ഒരു സത്തയും ഉമ്മയും ഒന്നും നമ്മൾ സാധാരണ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് യുക്തിയെ അനുഭവത്തിനെങ്കിൽ അതിനുവേണ്ട യുക്തിയെ അനുഭവം എല്ലാം ഇവിടെ ഉണ്ട് ആ യുക്തിയെ അനുഭവത്തെയും ബോധ്യപ്പെട്ടാൽ എന്നാണ് ഇവിടെ ആചാര്യൻ ചോദ്യമാണ് സുഷുപ്തിയും അനുഭവമല്ലേ ജാനും ൃത്തിയും ഉണ്ടല്ലോ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ജാഗ്രതുകൊണ്ട് സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അത് അനുഭവമാണ് എന്താണ് നമ്മൾ പറയുന്നു ഞാൻ സുപ്തനായിരുന്നു പക്ഷെ സുഷുപ്തിയിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അനുഭവങ്ങളുമില്ല സുഷുപ്തിയിൽ മനോവൃത്തികളില്ല എന്താ കാരണം മനോവൃത്തികൾ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്വപ്നമല്ലെങ്കിൽ ജാഗ്രത എപ്പോഴാണോ നമ്മളുടെ അതാണോ നമ്മൾ പറയുന്നത് ഉണരുന്നു ഉണരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ജാഗ്രതയിലേക്ക് വരുന്ന നമ്മള് കൽപ്പിക്കുകയാണ് സുഷുതിയിൽ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം ജാഗ്രത സുഷുതി സുഷുതിയെ കുറിച്ച് യോഗശാസ്ത്രത്തിൽ ആ അതെ നമ്മളിപ്പോ യോഗശാസ്ത്രം തന്നെ പഠിക്കുന്നു മാണ്ഡൂക്യമാണ് പിന്നെ അതിന് ഇവിടെ കൊണ്ടുവന്നാണെങ്കിൽ സുഷൃത്തിയെ കുറിച്ച് പലർക്കും പല അഭിപ്രായമുണ്ട് പതഞ്ജലിക്കൊരു അഭിപ്രായമുണ്ട് ഗോതമന് അഭിപ്രായമുണ്ട് വൈശേഷികൻ അഭിപ്രായമുണ്ട് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് നമ്മൾ ഇപ്പോ ചർച്ചയിൽ എന്താണ് ഇവിടെ മണ്ടുക്യ മണ്ഡുക്യത്തിന്റെ എന്താണ് ശ്രദ്ധയെ കുറിച്ച് പറഞ്ഞത് യേഷ സർവേശ്വര എന്നൊക്കെ എന്നെ പറയുന്നു ഇതുപോലും പതഞ്ജലി പറയുന്നു പതഞ്ജലിയുടെ കാര്യം വിടുകയല്ലേ അത് നമ്മൾ പതഞ്ജലിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതെന്താണെന്ന് ആലോചിക്കാം പറയുന്നു അങ്ങനെ പറഞ്ഞാൽ സൃഷ്ടിയെ കുറിച്ച് ആരല്ല എന്തെല്ലാം പറയും അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും ആധുനിക ഗവേഷകന്മാരെല്ലാം എന്തെല്ലാം പറയും സൃഷ്ടിയെ കുറിച്ച് പല ദാർശനികന്മാർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഇവിടെ നമുക്കാവശ്യം ഇതിനുള്ള ഏകാഗ്രതയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിടത്ത് വെക്കത്തിന് അവിടെ അത് പറഞ്ഞു ഇവിടെ ഇത് പറഞ്ഞു മറ്റിടത്ത് വേറൊരാൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ശാഖാചംക്രമണം കൊരങ്ങൻ മരത്തിൽ കയറിയതുപോലെ ഇരിക്കും പുളിയിൽ കയറിയതുപോലെ കൊരങ്ങൻ പുളി കയറി കഴിഞ്ഞ എന്തായിരിക്കും പുളി മരത്തിൽ അതിങ്ങനെ ഓരോ ശാഖയിലും ഇങ്ങനെ തൂങ്ങി ആടിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഇത് സ്ഥിരമായി ഇരിക്കാൻ പറ്റത്തില്ല അതുപോലെ നമ്മുടെ മനസ്സിങ്ങനെ ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നിനെ കുറിച്ച് ഒരു പിടിയും കിട്ടത്തില്ല നമ്മൾ മൺഡൂക്കിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നിൽക്കുക അവിടെ ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു ഇതിന് എവിടെയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് നിഷേധിക്കാൻ വേണ്ടി മാത്രം കൂടുതലാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞിനി പറഞ്ഞിരിക്കുന്ന എന്താണോ അതൊരു വൃത്തി എന്നാണ് ഇതിനെയും ഒരു വൃത്തിയായിട്ട് അതൊരു മറ്റൊരു വിഷയമാണ് യോഗശാസ്ത്രത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതെന്താണ് ഇവിടെ മാണ്ഡവ്യത്തിൽ എന്താണെന്ന് ശ്രുതിന്ന് വ്യക്തമായും പറഞ്ഞു നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തിൽ മാത്രം ചിന്തിക്കൂ കാരണം ഒരു കാര്യം നമ്മൾ ഒരു ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കണം അപ്പൊ അതിലാണ് നമുക്ക് ഏകാഗ്രത വേണ്ടത് മറ്റു പലത്തിലേക്കും പോയാൽ ഇതെന്താണെന്ന് പിടി കിട്ടാതെ യോഗശാസ്ത്രത്തിൽ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ഭാവങ്ങളുണ്ട് അത് മറ്റൊരു തലമാണ് മറ്റൊരു വീക്ഷണമാണ് ഇവിടെ അങ്ങനെയുണ്ട് പറയുന്നത് ഇവിടെ പറയുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെ എന്താണോ സുഷൃത്തി എന്ന് പറയുന്നത് അനുഭവരഹിതമാണ് അനുഭവത്തിനെ നമുക്ക് രണ്ടു പേരുടെ വിളിക്കാം നീ ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നം അനന്ത അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ജാഗ്രത അത് വേണമെങ്കിൽ നമുക്ക് പറയാം എന്താണോ ആനന്ദ സ്വരൂപമാണോ എന്ന് പറയാം അനന്തസ്വരൂപമായിരിക്കുമ്പോ അത് ആനന്ദ അനുഭവമല്ല അനന്ത അനുഭവമായിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഉറക്കം കിട്ടത്തില്ല കൊള്ളുന്നതിന് ശേഷം നമ്മൾ പറയുകയാണ് എന്താണ് ഞാൻ സുഖമായിട്ട് ഇറങ്ങി എന്നാ ഇനി ഒരാൾ പറയണം അല്ല ഞാൻ ആ സമയത്ത് ആനന്ദം അനുഭവിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയായിരുന്നെങ്കിൽ എന്നെ എന്തുകൊണ്ട് അതിനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോ അത് കാരണം ഞാനിപ്പോൾ ആനന്ദത്തെ അനുഭവിക്കുകയാണെങ്കിൽ എനിക്കത് വെളിപ്പെടുത്താൻ പറ്റും അതിനെ കുറിച്ച് നോക്കുക എന്താണത് ആനന്ദ സ്വരൂപമാണോ ആനന്ദഘനം പ്രജ്ഞാനഘനം എന്നെല്ലാം പറഞ്ഞിരിക്കും എന്നുവെച്ചാൽ അവിടെ വൃത്തികളില്ല പ്രജ്ഞാനഘനമെന്ന് പറഞ്ഞെന്താണോ അവിടെ പറഞ്ഞ് ഏകീഭൂതം ഭാഷ്യകാലം പറഞ്ഞു പ്രജ്ഞാനം ഏകീഭവിച്ചതുപോലെ എന്ന് പറയുമ്പോൾ അതിനെ വെളിപ്പെടുത്തുന്ന വൃത്തികളൊന്നും അവിടെ ഉണ്ടായതും അവിടെയും നമുക്ക് ആനന്ദത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ പറ്റും അതുകൊണ്ടുതന്നെ പറഞ്ഞു അന്ധപ്രജ്ഞം ന ബഹിപ്രജ്ഞം ന ഉഭേദപ്രജ്ഞ ഒരു പ്രജ്ഞയെ അവിടെ നിഷേധിക്കുകയാണ് അത് സങ്കല്പാതീതമാണ് സുസൃഷ്തി ജാഗ്രതരുന്ന് കൊണ്ട് നമ്മൾ പലതും കല്പിക്കുന്നതാണ് അതിനെ കുറിച്ച് അവിടെ ഞാൻ ആനന്ദത്തെ അനുഭവിച്ചു അതിപ്പോ ഒരാൾ പറയാം അത് പറയുന്നു ഞാനന്ദ അനുഭവിച്ചത് ഒരാൾ വളരെയധികം ക്ലേശങ്ങളോടുകൂടി അല്ലെങ്കിൽ ശരീരത്തിന് ബുദ്ധിമുട്ടോടുകൂടി അയാൾ ഉറങ്ങി സുഖം പിടിച്ചുറങ്ങി ഉണന്നതിനു ശേഷം പറയുന്നു എനിക്ക് ഉറക്കം ശരിയായില്ല വളരെ ഞാൻ ഉറക്കത്തിൽ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഉറക്കത്തിൽ ദുഃഖം അനുഭവിച്ചു എന്നാണെന്നും ഉണന്നതിനു ശേഷം ഒരാൾ പറയുകയാണ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉറക്കത്തിൽ ആനന്ദം അനുഭവിച്ചു എന്ന് പറയുന്നത് പോലെ ഉറക്കത്തിൽ ദുഃഖം അനുഭവിച്ചു എന്നും പറയാം ഇനി പലതരത്തിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാം ഉണർന്നതിനുശേഷം ചില പ്രത്യേക മരുന്നുകളൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്നവർക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കത്തെ കുറിച്ച് സുഖകരമായ ഓർമ്മയായിരിക്കില്ല അവർ ഞാൻ മയങ്ങുകയായിരുന്നു ശരിയായ ഉറക്കമായിരുന്നില്ല എന്താ അപ്പോൾ ഉറക്കത്തിൽ അനുഭവം ഉണ്ടായിരുന്നു ഉണർന്നതിനു സുഖമായി ഉറങ്ങിന്ന് മാത്രമല്ല അനുഭവം ദുഃഖമായി ഉറങ്ങിന്നുള്ള അനുഭവം നോക്കുണ്ടാവാറുണ്ട് അസ്വസ്ഥമായി ഉറങ്ങുന്നുള്ള അനുഭവം ഉണ്ടാവാറുണ്ട് ഇത്തരാനുഭവങ്ങളുള്ളതാണോ ഉറക്കം അല്ലാന്നാണ് അതുകൊണ്ടാണോ പറഞ്ഞു അന്ധപ്രജ്ഞ്രജ്ഞ ഉപ്രെ പ്രജ്ഞനം അത് തന്നെ തുരിയം പറയും അപ്പൊ അതുകൊണ്ട് ഞാൻ സുഖമായി ഉറങ്ങിയെന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഞാൻ സുഖം അനുഭവിച്ചു എന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ദുഃഖമായി ഉറങ്ങി എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ദുഃഖത്തെ അനുഭവിച്ചെന്നും പറയേണ്ടി വരും ഒന്നിന് മാത്രമേ വ്യക്തിയോളൂ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും അങ്ങനെ ആരും ദുഃഖമായി ഉറങ്ങി എന്നുള്ള അനുഭവം ഇല്ല എന്ന് അങ്ങനെയല്ല പലപ്പോഴും നമുക്ക് ഉറക്കം ശരിയാകാറില്ല അങ്ങനുശേഷം വലിയ ക്ഷീണവും അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടും ശരീരത്തിന് കാര്യമായ വൈഷമ്യം ഉണ്ടായാൽ അങ്ങനെയായിരിക്കും ഉറക്കാൻ ശരിയാകും അപ്പൊ അതുകൊണ്ട് ഇനി ശരീരത്തിന് സ്വസ്ഥതയുണ്ട് മനസ്സിന് സ്വസ്ഥതയുണ്ട് ചിന്തകളൊന്നുമില്ല ഉറങ്ങി ഉണർന്നിട്ട് പറയാം അസ്വസ്ഥമായിരുന്നു നേരെ മറിച്ചാണെങ്കിൽ വിപരീതമായും പറയും അസ്വസ്ഥമായിരുന്നു ഉറക്കത്തിന് ശേഷമുള്ള അസുഖതങ്ങളെ വെച്ചുകൊണ്ട് ഉറക്കത്തിൽ സുഖത്തെ അല്ലെങ്കിൽ ദുഃഖത്തെ അനുഭവിച്ചു എന്ന് പറയുന്നത് അതിനുള്ള വളരെ ലഘുവായുക്തി ഇതാണ് എപ്പോഴാണോ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം നമ്മളുണ്ടാകുന്നത് ജാഗ്രത അല്ലെങ്കിൽ സ്വപ്നമായിരിക്കും അല്ലെങ്കിൽ സമാധി പോലെയുള്ള അവസ്ഥകളായിരിക്കും അതുകൊണ്ട് ശുദ്ധിയെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു ഇവിടെ മാണ്ഡൂക്യത്തിലാണ് അത് തുര്യനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് നോക്കുക തുര്യനെ കുറിച്ചും സൃഷ്ടിയെ കുറിച്ചും പറയുന്നിടത്ത് ഒരു വ്യത്യാസം രണ്ടിനെയും ശിവം എന്നാ പറയുന്നത് രണ്ടിനെയും ശാന്തം എന്നാ പറയുന്നത് ശാന്തം എന്ന് വരുമ്പോൾ അവിടെ വൃത്തിശൂന്യമാണ് വൃത്തികളൊന്നും പക്ഷേ അതുകൊണ്ട് നമുക്ക് ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പ്രശ്നങ്ങളൊന്നും മോചിക്കാൻ കഴിയുന്നില്ല അതേ ഉള്ള വ്യത്യാസം അതിനുവേണ്ടി പിന്നീട് ഗുരുവിനെയും ശാസ്ത്രത്തെയും സാധനയൊക്കെ ആശ്രയിക്കേണ്ടത് അപീതോ ഭഗവതി ശാന്തതി അവിടെ ഏകീഭവിക്കുന്നു പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ജീവൻ ആ പരമാത്മ ചൈതന്യത്തോടെ ഏകീഭവിക്കുന്നു സഹജമായിട്ട് സംഭവിക്കുന്നു നമ്മൾ പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് സുഷൃപ്തി ജാഗ്ര അതുകൊണ്ടാണ് അതിൻ്റെ സുശൃതി എന്ന് പറയുന്നത് ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും അനുഭവങ്ങളിൽ നിന്നും മുക്തമാണ് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്ഥാനത്തിൻ്റെ ആവശ്യമേ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ അതിന് നമുക്ക് സത് അസത്ത് എന്നൊന്നും പറയാൻ കഴിയില്ല സത് അസത്ത് ഉണ്ട് ഇല്ല എന്നുള്ള വ്യവഹാരം ജാഗ്രത സ്വപ്നങ്ങളിലേ ഉള്ളൂ അവിടെ അതൊന്നുമില്ല ഒരു തരത്തിലുള്ള മനോവൃത്തികളും അവിടെ ഉയർന്നു വരുന്നില്ല അതിനെക്കുറിച്ച് ഇവിടെ മണ്ണു കിത്തി പറയുന്ന പോലെ ശാന്തം ശിവം എന്നെ പറയാൻ കഴിയുന്നു പ്രജ്ഞാന ഫലം അതുകൊണ്ട് നമുക്ക് പറയാം എന്താണോ ഈ ക്ലേശങ്ങളൊന്നും അവിടെയില്ല ഈ സുഖങ്ങളും അവിടെയില്ല അതുകൊണ്ട് നമുക്ക് പറയാം എന്താണത് ആനന്ദ സ്വരൂപമാണോ എന്ന് പറയാം അതിന്റെ അല്ലാതെ അതിന്റെ അർത്ഥം നമ്മൾ പൽപായസം കുടിക്കുന്നത് പോലെ അവിടെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല അങ്ങനെ അനുഭവിക്കുന്നതിനുള്ള കർണങ്ങളെല്ലാം അവിടെ അപ്രത്യക്ഷമാണ് വിനയിച്ചി പറയാം അസുഖം വിനയിക്കുകയല്ല അത് അപ്രത്യക്ഷമാവുകയാണ് ഇന്ദ്രജാലം പോലെ അതാണ് ഇവിടെ പറയുന്നത് ഇന്ദ്രജാലം പോലെ അവിടെ നിന്ന് ജാഗ്രത്തും സ്വപ്നവും ഉയർന്നു വരികയാണ് അങ്ങനെ പറയും അതെന്താണ് ചിത്തസ്പന്ദനം എന്നോ അല്ലെങ്കിൽ വിവർത്തമെന്നോ പല ഭാഷയിലും പറയും സുഷുപ്തി അത് സത് അസത്തിനതീതമാണ് അതുകൊണ്ടത് അനുഭവം അതീതമാണ് യഥീവേ മിതത്തെ പി ജീവ അമി സർവേ മായാക്കോ മന്ത്രൌഷധ്യർഷ്പ്പാതികയാർ പണ്ഡജാതയോ ജീവ യഥാ ജേ മേയന് തഥാ മനുഷ്യരക്ഷണ അവിദ്യമാനവ ചിത്തൽ നിർമ്മിതകൻ ആയ ജീവൻ ജീവൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ കാണുന്ന സർവഭാവങ്ങളും ഉത്പത്തി വിനാശത്തോടുകൂടിയിരിക്കുന്ന സർവപദാർത്ഥങ്ങളും സർവവസ്തുക്കളും നിർമ്മിച്ചതെന്നുള്ള അർത്ഥത്തിലാണ് നിർമ്മിതം എന്നുള്ള അർത്ഥത്തിൽ നിർമ്മിതകം എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം നിർമ്മിതകം എന്നൊന്നും ഭാഷയിൽ പ്രയോഗിക്കാറില്ല പക്ഷെ ആചാരന് ഇങ്ങനെ പ്രയോഗിച്ചിരിക്കുകയാണ് നിർമ്മിതം എന്ന് പ്രയോഗിക്കാറില്ല നിർമ്മിതം ഭാഷയുടെ നിയമം അനുസരിച്ച് നിർമ്മിതവും നിർമ്മിത്താക്കുമെന്ന് വേണം എന്നാൽ അത് നിർമ്മിതകമെന്ന് പറഞ്ഞാൽ ഒരു രൂപം ഉണ്ടാക്കിയെടുക്കാനും പ്രയാസമുണ്ട് അതിനുമുണ്ട് നിയമങ്ങൾ ആവശ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അവർ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അവരെന്ത് പറയുന്നു അതിന് നമ്മൾ ഭാഷ നിയമങ്ങൾ ഉണ്ടായിക്കോണം അല്ല നിയമം അനുസരിച്ചല്ല ഭാഷ പ്രയോഗിക്കുന്നു പ്രയോഗിച്ചതിനനുസരിച്ച് നിയമം ഉണ്ടായിക്കോണം അതുകൊണ്ടാണ് നിർമ്മിതം എന്ന് പറയുന്നത് നിർമ്മിതം എന്ന് പറയുന്ന ഭാഷയുടെ ശുദ്ധി എന്ന് പറയുന്നതാണ് ആശയം പറയുമ്പോൾ ഒരു ഭാഷ പ്രയോഗിക്കുകയോ നോക്കൂ ആശയം മനസ്സിലായോ അത് തന്നെ എന്റെ ശുദ്ധി അല്ല നിങ്ങൾ നിയമത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ശുദ്ധിയൊന്നും എന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ആ നിങ്ങൾക്ക് ആശയം മനസ്സിലായില്ല അല്ലെങ്കിൽ അതിന് സംശയമോ ഭ്രാന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭാഷയുടെ പോരായ്മയായി അല്ലെങ്കിൽ അത് തന്നെ നിയമം ഭാഷയുടെ നിയമം അത് തന്നെ പറയുന്നു ആ മായാവി നിർമ്മിച്ച നേരത്തെ പറഞ്ഞല്ലോ മായാമയൻ മയാവി എന്ന് പറയുന്നത് എന്റെ നിർമ്മിച്ച ജീവൻ എങ്ങനെ മന്ത്രഔഷധ്യാദിപി നിഷ്പാദിത മന്ത്രസിദ്ധിയുണ്ടെന്ന് സാധിക്കും ഔഷധസിദ്ധികൾ കൊണ്ട് സാധിക്കും പഴയകാലത്ത് മന്ത്രിയന്മാരങ്ങനെയൊക്കെ ഓരോ അത്ഭുതങ്ങൾ കാണിച്ചിരുന്നു അതിൽ പ്രവർത്തിക്കുന്നവർ അതിൽ സിദ്ധി നേടുമ്പോൾ അതെല്ലാം കാണിക്കും വസ്തുക്കളെയൊക്കെ ഉണ്ടാക്കി കാണിക്കും പല സിദ്ധന്മാരും പദാർത്ഥങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അത് സുദ്ധിവിശേഷങ്ങളാണ് മന്ത്രഔഷധാദി സുദ്ധി വിഷയ വിശേഷങ്ങളാണ് അതുകൊണ്ടങ്ങനെ ഉണ്ടാക്കാൻ പറ്റും സ്വപ്നമായ നിർമ്മിതകാഹജാതയോ ജീവ ഏത് തരത്തിൽ ജീവന്മാരെന്ന് പറയുമ്പോൾ മനുഷ്യനെന്ന് മാത്രം എടുക്കണ്ടാണ് പറഞ്ഞത് അണ്ടജമോ സേതുജമോ ബുദ്ധിജമോ ജരായുജമോ ഏത് തരത്തിലുള്ള ജീവന്മാർ അല്ലെങ്കിൽ ജനന മരണമുള്ള ഏത് വസ്തുക്കളെയും ിയെ മനുഷ്യലക്ഷണ ഇതെല്ലാം എന്താണോ അവിടെ കാണുന്നത് അവിദ്യമാനായുള്ള അവിടെ ആർക്കും സംശയമില്ലെന്ന് അതില്ലാത്തതാണെന്ന് പിന്നീട് ബോധിച്ചല്ല മാത്രം ചിത്തവികല്പം മാത്രമാണ് അടുത്ത് പറയാൻ പോകുന്നത് ചിത്തസ്പന്ദനം മാത്രമാണ് ചിത്തസ്പന്ദനം ഒന്നുകില മായാവിടെ ചിത്തസ്പന്ദനത്തെ നമ്മുടെ ചിത്രം ദർശിച്ചു അല്ലെങ്കിൽ മായാവി എന്ത് ചെയ്തു അന്യന്റെ ചിത്രത്തിൽ ഒരു സ്പന്ദനത്തെ സൃഷ്ടിച്ചു രണ്ടു തരത്തിലുമാവാം എന്തായാലും അത് ചിത്തസ്പന്ദനമാണ് അത് മായാജാലത്തിന്റെ രഹസ്യമാണ് അതിൽ കവിഞ്ഞ് അതിൽ സത്യമൊന്നുമില്ല ആ മായാവിയുടെ ഇന്ദ്രജാലത്തിൽ നിന്നും മുക്തനായപ്പോൾ ബോധിച്ചു അപ്പോ നമ്മളവിടെ ഈ കാര്യ പ്രത്യേകിച്ച് പറയുന്നത് അനിർമ്മിത്തകം അതായത് ബാഹ്യമായ വസ്തു സൃഷ്ടി നമ്മളിവിടെ അനുഭവപ്പെടുന്നു എന്ന് പറയുകയാണ് സ്വപ്നം പോലെ അല്ല ബാഹ്യമായ എന്തെങ്കിലും ഒന്നിനെ നമ്മൾ കാണുക മാത്രമല്ല ചെയ്തു ഞാൻ സ്വയം സൃഷ്ടിക്കുന്നു നമ്മൾ പറയുന്നത് കാണുന്നതൊക്കെ സങ്കല്പം എന്ന് പറയുകയല്ലോ അതല്ല ഇവിടെ പറയും കാണുന്നതൊക്കെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കല്പം കൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കണം അന്നോ കഴിയുന്നില്ല നമ്മളിവിടെ സൃഷ്ടിക്കുന്നു കുടത്തെ ഉണ്ടാക്കുന്നയാള വസ്തുവിനെ സൃഷ്ടിക്കുന്നു പുസ്തകത്തെ ഉണ്ടാക്കുന്നയാളെ പുസ്തകത്തെ സൃഷ്ടിക്കുന്നു ഇപ്പൊ നിർമ്മിതി നിർമ്മിതമായതിനെ കാണുന്നു ഇപ്പൊ കൽപ്പന എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം ധരിക്കുന്ന അർത്ഥത്തിലല്ല അവിടെ എന്താണ് അത് നമ്മുടെ ഭാവന നമ്മുടെ പ്രവൃത്തി ബാഹ്യമായ പദാർത്ഥങ്ങൾ എല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് ഒരു സൃഷ്ടി സംഭവിക്കുന്നത് അപ്പൊ സൃഷ്ടിയെ ഇവിടെ വെറും അത് നിങ്ങളുടെ തോന്നലാണ് അല്ലെങ്കിൽ ഭാവനയാണ് കല്പന എന്നല്ല പറയുന്നത് കാരണം വേദാന്തികൾ പറയുന്നതല്ല ഇവിടെ പറയും എല്ലാം നിങ്ങളുടെ തോന്നലാണെന്നല്ല പറയും നിങ്ങൾ കാലദേശങ്ങളെ അപേക്ഷിച്ച് ബാഹ്യമായ പലതിനെ അപേക്ഷിച്ച് ഉണ്ടാക്കിയ ഒരു സൃഷ്ടി ഒരിക്കലും നിങ്ങളുടെ തോന്നലല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിനൊന്നും അപേക്ഷിക്കാതെ കേവലം നിങ്ങളുടെ തോന്നൽ കൊണ്ട് കിട്ടി സംഭവിച്ചു ഞാൻ സങ്കല്പിക്കുകയാണ് നിങ്ങളുടെ പുസ്തകം ഉണ്ടാകട്ടെ ഉണ്ടാകണം അതുണ്ടാകുന്നില്ല അപ്പോൾ നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള ഒരു കല്പനയോ എന്നിരിക്കലും എന്താണോ ഇത് ചിത്തസ്പന്ദനമാണ് അതാണ് പറയുന്നത് അതിനംഗീകരിക്കും അതേതുപോലെ നമ്മുടെ ഇന്ദ്രജാലക്കാരനും സൃഷ്ടിച്ചു അത് കേവലം ഇന്ദ്രജാലക്കാരന്റെ ഭാവനയാണെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിലും ഞാനങ്ങനെ കാണും അന്യന്റെ മനസ്സിനെയോ അന്യന്റെ ഭാവനയോ എനിക്ക് കാണാൻ കഴിയത്തില്ല ഇതികൂടെ എങ്ങനെയാണോ ഒരുവൻ സൃഷ്ടിച്ചതിന് മറ്റൊരുവൻ കാണുന്നത് ഒരുവന്റെ ഭാവനയും വേറൊരു കാണാൻ പറ്റത്തില്ല പക്ഷെ ഒരുവന്റെ സൃഷ്ടിയെ വേറൊരാൾക്ക് കാണാം ഞാൻ സൃഷ്ടിച്ച പുസ്തകത്തെ അന്യം കാണുന്നു അപ്പോ ഒരുവൻ സൃഷ്ടിച്ച ഒന്നു ഇന്ദ്രജാലതാരം സൃഷ്ടിച്ചതാണോ ആനയും കുതിരയും അതിനെ കാണുന്നവര് മറ്റൊരുവർ എന്നിട്ടും എന്താണ് അവിടെ സൃഷ്ടിച്ച ആ ആനയും കുതിരയും എല്ലാം അവസാനം ബോധ്യപ്പെടുന്നത് പരമാർത്ഥമല്ല അതിനെക്കുറിച്ച് എന്ത് പറയാം അത് സങ്കല്പം മാത്രമാണ് സങ്കല്പം എന്ന് പറഞ്ഞാൽ ചിത്രത്തിന്റെ പരിണാമം എന്ന് ബോധ്യപ്പെടുന്നു ആ അർത്ഥത്തിൽ നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നതനുസരിച്ചാണ് ഈ പ്രപഞ്ചമെങ്കിൽ ഇപ്രവഞ്ചി രീതി കാണത്തില്ലായിരുന്നു കാരണം ഒരാളിപ്പോ പകലൊന്നും സങ്കല്പിക്കുമ്പോ വേറൊരുത്തൽപ്പിക്കുന്നത് രാത്രിയാണോ ഉടൻ പകലും മാറി രാത്രിയാവും സംഭവിക്കുന്നില്ല നമ്മുടെ സങ്കല്പം സംഭവിക്കുന്നില്ല പക്ഷെ ഇന്ദ്രജാലക്കാരൻ സൃഷ്ടിച്ചത് കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണത് ചിത്തസ്കന്ദനമാണ് അങ്ങനെ നോക്കുമ്പോ എന്താണോ നമ്മുടെ ദേശം നമ്മുടെ കാലം നമ്മളപേക്ഷിച്ച നിമിത്തങ്ങൾ എന്തൊക്കെയാണോ ഈ പുസ്തകം ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ നിമിത്തങ്ങളെ നമ്മൾ അപേക്ഷിച്ചോ എന്ത് ഉപാദാനത്തെ നമ്മൾ സ്വീകരിച്ചോ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പറയുന്നത് എന്താണ് ഒരു തുര്യന്റെ ചിത്തസ്പന്ദനമാണ് തുര്യന്റെ സ്പന്ദനമാണ് ആ സ്പന്ദനത്ത് ഇത് സർവവും വരും അവിടെ കാര്യവും കാരണവും നിമിത്തങ്ങളും കാലദേശങ്ങളും സർവജീവന്മാരുമെല്ലാം ഒന്നിന്റെ സ്പന്ദനമായിരിക്കുന്നു അടുത്ത കാര്യം അത് വ്യക്തമായി പറയും അത് ഏതുപോലെ ഈ ഇന്ദ്രജാലക്കാരൻ ഈ ജാഗ്രത്തിൽ തന്നെ എന്തു അവന്റെ ദൃശ്യങ്ങളെ കാണിക്കുന്നതിന് വേണ്ട കാലദേശങ്ങളെ സൃഷ്ടിച്ചു അവിടെ തന്നെ അവൻ പദാർത്ഥത്തിൽ സൃഷ്ടിച്ചു അതിനുവേണ്ട നിമിത്തങ്ങളെല്ലാം ആശ്രയിച്ച് സൃഷ്ടിച്ചു അതെല്ലാം ബോധ്യപ്പെട്ടുവെന്നാണ് ഇതെല്ലാം കേവലം തോന്നലെന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അതിനാണ് പറയുന്നത് ചിത്രസ്പന്ദനമാണ് മനസ്സിന്റെ പരിണാമമാണ് അതാണിവിടെ കൽപ്പനയെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ നല്ല മനോരഥങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല അതുകൊണ്ട് സൃഷ്ടിയൊന്നും നിലക്കത്തില്ല അതുപോലെ അവിടെ എന്ത് സംഭവിക്കുന്നു ജായത്തെ മൃഗത്തെ ജനന മരണങ്ങൾ ഉത്പത്തിനാശങ്ങൾ പരിണാമക്ഷയങ്ങളെല്ലാം സംഭവിക്കുന്നു അതുപോലെ തഥാ ദീവാമി സർവേ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം ഉണ്ടാകുന്നു ഇല്ലാതാകുന്നു ഏതിനായിരിക്കുന്ന തുര്യന്റെ സ്പന്ദനത്തിനെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്പന്ദനം ഉൾക്കൊള്ളുന്ന എന്തിന് ഞാനും നീയും എന്റെയും നിന്റെയും കാഴ്ചകളും ഉൾക്കൊള്ളുന്ന ഈ നമ്മളീ പ്രപഞ്ചം എന്ന് വിളിക്കുന്ന സർവത്തെയും അത് ജാഗ്രത ആയിക്കൊള്ളട്ടെ സ്വപ്നമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സമാധിയോ മൂർച്ചയോ എന്തോ ആയിക്കൊള്ളട്ടെ ഈ സർവത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്ന ഏകമായ ചൈതന്യത്തിന്റെ സ്പന്ദനമാണത് ഇവിടെ പറയുന്നത് അതാണിത് സങ്കല്പമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ലാതെ നമ്മുടെ തോന്നലെന്നുള്ള അർത്ഥത്തിലാണ് അതിന് സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ സത്യമെന്ന് കരുതിയാലും അതും എന്താണ് ഈ തുരിയസ്പന്ദനമാണ് ചിത്തസ്പന്ദനം എന്ന് പറയും എന്നിട്ട് പറയും ആ ചിത്തം അസങ്കനായ തിരിയിലാണെന്ന് പറയും അതിനുവേണ്ടി പറയുക അതുകൊണ്ട് നമ്മൾ സാധാരണ ഇത് സങ്കല്പമാണെന്ന് പറയുമ്പോ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് എന്താണ് സങ്കല്പമാണെങ്കിൽ സങ്കല്പം കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിന് സമാധാനമാണ് പറയും സങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല ചൈതന്യത്തിന്റെ സങ്കല്പം എന്നാ സങ്കല്പ അതിന് തുര്യന്റെ പരിണാമം എന്ന് പറയാം അല്ലെങ്കിൽ തുര്യന്റെ വിവർത്തം എന്ന് പറയാം അല്ലെങ്കിൽ ചിത്രത്തിന്റെ പരിണാമം എന്ന് പറയാം മായാമയം എന്ന് പറയാം ആവിദ്യകം എന്ന് പറയാം പല പേരുകളിലും വിളിക്കാം പക്ഷെ അത് ഈ അല്പജ്ഞനായിരിക്കുന്ന ജീവന്റെ ക്ഷണികമായ മനോരഥങ്ങളെന്നുള്ള അർത്ഥത്തിലല്ല പറയും രണ്ടിന് കാരണം ഇവിടെ ഞാനും എന്റെ കാഴ്ചയും എന്റെ കാഴ്ചയിൽപ്പെടുന്ന അനന്ത ജീവന്മാരും അവരുടെ സങ്കല്പങ്ങളും അവരുടെ കർമ്മങ്ങളും അവരുടെ സൃഷ്ടികളും എല്ലാം ഏകനായിരിക്കുന്ന ഈ ഒരു തിരിയന്റെ സ്പന്ദനമാണ് യഥാ നിർമ്മിതോ ജീവോ ീവാമി കിജ്ജാ സഭവോ എദുത്ത സത്യം എത്രിന് ജാതെ യും പറഞ്ഞിട്ട് അജാതപാദത്തിലേക്ക് വരികയാണ് അജാതം ജനിച്ചില്ല ജനിച്ചില്ല ഇനി മുമ്പൂട്ടിരുന്നു പറയും ജനിച്ചില്ല എന്ന് പറയുന്നതും പരമാർത്ഥവും നിങ്ങൾ കരുതല ജനിച്ചില്ല എന്ന് പറയുമ്പോ ഇനി ജനിക്കാൻ പോകുന്നു കുഞ്ഞ് ജനിച്ചില്ല എന്ന് പറയുന്നത് പോലെ അതിന്റെ വാത്യാർത്ഥത്തിൽ ആ പറയുന്ന സത്യമാണ് നിങ്ങൾ ധരിക്കുന്നത് എന്നിനി പറയും അടുത്ത് വരുന്ന ഭാഗത്ത് ഇതെല്ലാം കേവലം മനോവൃത്തികൾ എന്നുള്ള നല്ല ഇതൊക്കെ അസംബന്ധമാണ് ഈ പറയുന്ന എന്ന് ഇനി വരുന്ന ഭാഗത്ത് പറയും അജാതവാദം എന്ന് പറയുന്നു ഇന്ന് പറയുമ്പോ ഈ അജാതപാതം അത് പരമാർത്ഥമാണോ അതും പരമാർത്ഥമാണോ അത് പരമാർത്ഥമെന്നല്ല പറയും എന്തുകൊണ്ട് ഇതെല്ലാം കേവലം മനസ്സ്പന്ദനമാണ് അതെങ്ങനെ പരമാർത്ഥമാകും അത് പരമാർത്ഥമാകത്തില്ല മറിച്ച് അത് പരമാർത്ഥത്തെ ചൂണ്ടിക്കാണിക്കുന്നു പരമാർത്ഥത്തെ ലക്ഷ്യീകരിക്കുന്നു എന്ന് പറയാം മറ്ററിയുന്നതും ചിന്തിക്കുന്നതും എല്ലാം മായാമയം തന്നെ അതാണ് അജാതം എന്ന് പറയുന്നത് അത്തരമൊരു അജാതിയെ പറയുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളിലൂടെ പറഞ്ഞ കാര്യത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നേ വ്യവഹാര സത്യവിഷയ ജീവാനാം ജന്മ മരണാധി സ്വപ്നാദിജീയോവത് ഇത്യുക്തം ഈ പറഞ്ഞതിന്റെ താല്പര്യങ്ങളാണ് നമ്മൾക്കിവിടെ ഒരു സത്യത്വം അനുഭവപ്പെടുന്നു പരമാർത്ഥത്തെ നമ്മുടെ ശാസ്ത്രം ഗുരു ആചാര്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യത്വം ഈ പ്രപഞ്ചത്തിൽ അത് മാറിപ്പോകുന്നില്ല അതെന്തുകൊണ്ടാണ് മാറിക്കോകാത്തത് കാരണം അത് ആ പരമാർത്ഥത്തിന്റെ തന്മസ്ഫുരണമാണ് അതുകൊണ്ടാണ് അത് ബിംബത്തെ അപേക്ഷിക്കുന്ന പ്രതിബിംബത്തെ പോലെയാണ് സത്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് മാറിപ്പോകാത്തത് ആ വ്യാവഹാരികമായ സത്യത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന എന്താണ് ജായതെ ജീവ ജീവൻ ജനിക്കുന്നു എന്ന് പറയുന്നു നമ്മുടെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു എന്താണ് അത് ശരി തന്നെയാണ് നിങ്ങളുടെ വ്യാവഹാരിക സത്യത്വം നിങ്ങൾ പറയുന്നതിന് അതിനീകരിക്കാം പക്ഷെ അത് പരമാർത്ഥമല്ല എന്തുകൊണ്ട് പരമാർത്ഥമല്ല സംഭവം അസേന രീതി ഇങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്നുണ്ടാകുന്നതിനുള്ള സംഭവം കാരണം കാരണമില്ല അകാരണമായി ആകസ്മികമായി ഒന്ന് സംഭവിക്കാനും വഴിയും നമ്മള് സാധാരണ എന്താ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന്റെ കാരണമന്വേഷിക്കാണ് എന്താണ് എല്ലാ സയൻസും എല്ലാ ശാസ്ത്രകാരന്മാരും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് പ്രപഞ്ച കാരണമന്വേഷിക്കാനാണ് ഇവിടെ പറയുന്ന എന്താണ് ഹസ്യ സംഭവം ഭവം കാരണം എന്ന വിദ്യതയില്ല ഇല്ലാത്ത കാരണത്തെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത കാരണത്തെ അന്വേഷിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ കാരണം എന്തെങ്കിലും കാരണത്തെ കണ്ടെത്താൻ പറ്റുമോ ഒരിക്കലും അത് സാധ്യമല്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളീ ഇല്ലാത്ത കാരണത്തെ അന്വേഷിക്കുന്നത് കാരണം ആദ്യം തന്നെ നമ്മൾക്കൊരു നുഭവം ഉണ്ടായി അതിനാണ് നമ്മൾ വ്യാവഹാരികമായ അനുഭവം എന്ന് പറയുന്നത് ഇത് പരമാർത്ഥമാണെന്നുള്ള അനുഭവം ഉണ്ടായി ഇത് പരമാർത്ഥമാണെന്നുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുന്നത് ഇത് പരമാർത്ഥമാണെന്ന് കരുതുന്നിടത്തോളം കാലം ഇതിന്റെ ഈ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നമുക്ക് പറയാം മണ്ടന്മാരല്ല കാരണം അവരവരുടെ വ്യാവഹാരികമായ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പക്ഷേ എന്താണ് നശിത് ജായതേ എന്ന് പറയുമ്പോൾ എന്താണോ ഇതിന്റെ വ്യവഹാരികമായ സത്യം നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് കേവലം വ്യാവഹാരികം മാത്രമാണ് പരമാർത്ഥമല്ല എന്ന് പറയുകയാണ് ഇത് പരമാർത്ഥമല്ലെങ്കിൽ പിന്നെ ഇതിനവിടെ കാരണം ഇതിനെന്ത് കാരണത്തെ അന്വേഷിക്കാനാണ് എന്നാണ് ഇവിടെ ആചാര്യം പറയുന്നത് നമ്മൾ എന്താണ് ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുള്ള സത്യത്തെ അന്വേഷിക്കുക അതാണ് ചെയ്യുന്നത് പറയുന്നു ഏത ഉത്തമം സത്യം ഇവിടെ മനസ്സിലാക്കേണ്ട ഉത്തമമായ സത്യം എന്താണോ ഈ നമ്മൾക്കിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യാവഹാരികമായ സത്യം വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അനുഭവത്തിലുള്ള സത്യം എന്നാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഈ അനുഭവത്തിലുള്ള ഈ സത്യം ഇതല്ല പരമാർത്ഥം ഇതൊരാപേക്ഷികമാണ് ഇത് സൂര്യനെ കാണാതെ അതിന്റെ പ്രകാശത്തെ കാണുന്ന പോലെയാണ് ഒരാൾ മുറിക്കാത്തരുന്നുണ്ട് പ്രകാശത്തെ കാണുകയാണ് ആ പ്രകാശം എന്ന് പറയുന്നത് എന്താണ് സൂര്യന്റെ കേവലം പ്രതിബിംബം മാത്രമാണ് സൂര്യൻ നമ്മൾ നോക്കാൻ ധൈര്യപ്പെടാറുമില്ല കാരണം സൂര്യനെ എതിർട്ട് നോക്കുന്നതിനുള്ള ശേഷി നമ്മുടെ കണ്ണിനും അതും മറ്റൊരു കാരണം അതുപോലെ ഈ ഉത്തമമായ സത്യത്തെ ദർശിക്കുന്നതിനുള്ള ശേഷി നമ്മുടെ കണ്ണിനില്ല അതുകൊണ്ട് അതിന്റെ പ്രതിബിംബ രൂപത്തിലുള്ള ഈ വ്യവഹാരികമായ സത്യത്തെ കണ്ടിട്ട് ഇത് സത്യമാണെന്ന് കരുതി ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുകയാണ് ഇതിന്റെ കാരണത്തെ അന്വേഷിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ് നിങ്ങൾ ഈ അനുഭവപ്പെടുന്ന ഈ സത്യം പരമാർത്ഥമല്ല എന്ന് ബോധിച്ചാൽ മതി അതാണ് ഇതിന്റെ കാരണം എത്ര നിങ്ങൾ ഏതിനെ കണ്ടിട്ടാണോ ഈ സത്യത്തെ അന്വേഷിക്കാൻ പോകുന്നത് അവിടെ ഈ കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല സുഷത്തിന് ഇത് എന്തെങ്കിലും നിലനിന്ന അവിടെ ഒന്നും നിലനിന്നല്ലോ അവിടെ നിന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായത് ഈ ജാഗ്രത സൂക്ഷ്മൊക്കെ ഉണ്ടായത് അവിടെ നിന്നാണ് അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് എത്ര കിഞ്ചി നിന്ന ജായതേ അവിടെ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നാലും നമ്മൾ ധരിക്കുന്നുവെന്നാണ് അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത് അവിടേക്കാണ് ലയിക്കുന്നതെന്നെല്ലാം ധരിക്കും അവിടെ വാസ്തവത്തിൽ നമ്മൾ ഈ വ്യാവഹാരിക സത്യമാണെന്ന് കരുതുന്നതു തന്നെ അവിടെ ത്രികാലത്തിനും നിലനിൽക്കുന്നില്ല എത്ര കിഞ്ച് നിന്ന ജായതേ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ നിഷേധിക്കണം ജനന മരണങ്ങൾ തുടങ്ങിയ അതിന്റെ വികാരങ്ങൾ നിഷേധിച്ചാൽ അതിനെ തന്നെ നിഷേധിക്കും ഈ കാണുന്ന അതുകൊണ്ടാണ് പറയുന്നത് ഇത് പരമാർത്ഥമല്ല ചില സ്ഥലങ്ങൾ പറയും എന്താണ് സുഷിതൊന്നുമില്ല പറയും അത് ഈ അർത്ഥത്തിലാ പറയും പാരമാർത്ഥികമായ ദൃഷ്ടിയിൽ ഇതിനൊന്നിനും നിലനിൽപ്പില്ല അവിടെ ഈ വ്യാവഹാരിക സത്യം ില്ലാതായിത്തീരുന്നു പരമാർത്ഥം മാത്രം ബോധിക്കുന്നു അവിടെയാണ് ആത്മേ വേദം സർവം ബ്രഹ്മീവേദം സർവം ഭക്ഷിക്കാൻ അവിടുത്തെ സർവവും ആത്മാവ് സർവവും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മറ്റു സർവത്തെ അംഗീകരിച്ചുകൊണ്ട് പറയാൻ മറ്റു സർവത്തെയും നിഷേധിച്ചുകൊണ്ട് പാഠസാമാനാദികളിലൊന്നും മറ്റും പറഞ്ഞു ശാസ്ത്രീയമായ ഭാഷയിൽ വേദാന്തത്തിൽ പറയും പറയുന്നു പരമാർത്ഥം മാത്രമേ ഉള്ളൂ അതാണ് സത്യം ഏതത്വതുത്തമം സത്യം അതാണ് ഉത്തമമായ പരമാർത്ഥമായ സത്യം ഇത്ര കിഞ്ചിൻ നജായത്തെ ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ യാതൊരു നിലനിൽപ്പുമില്ല ഈ പരമാർത്ഥത്തെ ബോധിക്കണം എന്നാണ് ഉത്തമം പുരുഷാർത്ഥ സത്യം ഉത്തമം തു പരമാർത്ഥ സത്യം എന്ന കസ്റ്റിത് ജായത്തെ ജീവൈതി അതാണ് പരമാർത്ഥ സത്യം അവിടെ ഇതൊന്നുമില്ല അകാര്യത്തിൽ നമുക്കും ബോധ്യപ്പെടും അങ്ങനെ സുഹൃത്തിൽ അവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ എന്തെങ്കിലും കണ്ടിരുന്നില്ല ഏതെങ്കിലും ഒരു വ്യാവഹാരികമായ സത്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാതിഭാസികമായ സത്യം നമുക്ക് അനുഭവപ്പെട്ടിരുന്നെങ്കിലും അവിടെ ഉറക്കമില്ല ഇതൊന്നുമില്ലാത്തൊരു സ്ഥലം നമ്മുടെ അനുഭവത്തിൽ തന്നെയാണ് അവിടെ ഇതന്നെ അവിടെ പോയി ഇല്ലാന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളില്ലാന്ന് പറഞ്ഞു നമ്മൾ പറയും അനുഭവങ്ങളില്ലെങ്കിലും വസ്തുക്കൾ ഉണ്ടാകാൻ അതാണ് കഴിഞ്ഞ ദിവസക്കാരി നമ്മൾ ചർച്ച ചെയ്തു അനുഭവവും വസ്തു അനുഭവങ്ങളില്ലാതെ വസ്തു നിൽക്കാം അത് നമ്മൾ ചർച്ച ചെയ്തു അനുഭവത്തിൽ നിന്ന് അനുഭവവും വസ്തു തന്നെ അന്യോന്യാശ്രിതമായിരിക്കും അനുഭവവും വസ്തു അഭേദമായിരിക്കും അപ്പൊ അനുഭവത്തിൽ നിന്ന് വേർട്ടിലൊരു വസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വസ്തു കിട്ടും എത്ര സമർത്ഥനായ ഒരു ശില്പിക്കും അനുഭവത്തിൽ നിന്നും വേറിട്ടൊരു വസ്തുവിനോ കാണിച്ചു തരാൻ പറ്റും അനുഭവത്തിൽ നിന്നും ഒരു വസ്തുവിനെ വേർപെടുത്തിട്ടിതാ എന്ന് പറഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് ബോധിച്ചാൽ എന്തായി അവിടെ അനുഭവം വന്നു കഴിഞ്ഞു അത് സാധ്യമല്ല അത് ഏതുപോലെ ആഭരണത്തിൽ നിന്നും അതിന്റെ രൂപത്തെടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നു ആഭരണത്തിൽ നമ്മൾ രണ്ടെണ്ണം കാണുന്നുണ്ട് ഒന്ന് സ്വർണം മറ്റൊന്ന് വളം സ്വർണത്തിൽ നിന്ന് നമ്മൾ വളയെടുത്ത് മാറ്റാൻ ശ്രമിക്കുക എത്ര സമർത്ഥനായ ശില്പിക്കും അത് സാധ്യമല്ല സ്വർണത്തിൽ നിന്നും വളയെടുത്ത് മാറ്റാൻ പറ്റത്തില്ല അതുപോലെയാണ് അന്യോന്യാശ്രിതം എന്ന് മുമ്പ് പറഞ്ഞു അതുകൊണ്ട് ഒരു അനുഭവത്തിൽ നിന്നും നമുക്ക് വസ്തുവിനെ നീക്കാൻ കഴിയത്തില്ല അതുമാത്രമല്ല നമ്മൾ പറഞ്ഞു വസ്തുവിൽ നിന്ന് അനുഭവത്തെ നീക്കാൻ കഴിയത്തില്ല അതും സാധ്യമല്ല രണ്ടിനി രണ്ടാക്കി കാണിക്കാൻ പറ്റത്തല്ലോ ചിത്തചൈത്യങ്ങള് ദർശന ദൃശ്യങ്ങള് ഉപകരത്തിരിക്കാൻ പോയാ എന്തുകൊണ്ടത് ഒന്നിന്റെ സ്പന്ദനമായതുകൊണ്ട് പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പാരികയിൽ വിശദീകരിച്ചാണോ എന്ന് പറയുന്നത് സംഭവോ ുത്താതെ ചിത്രസ്പേദ്യം നിർവിഷയം നിത് അസം തേന കീർത്തിഗ്രാഹക ചിത്തസ്പധിതമേവ ദ്വയം ചിത്രം പരമാർത്ഥ ആത്മീയവേദി നിർവിഷയം ഇവർ പറഞ്ഞു വന്നതിന്റെ സാരത്തെ പറയുകയാണ് സർവം ഗ്രാഹ്യഗ്രാഹക നമ്മൾ അനുഭവപ്പെടുന്ന ഗ്രാഹ്യരൂപത്തിനും ഗ്രാഹകരൂപത്തിനും അനുഭവപ്പെടുന്നു ദർശന രൂപത്തിനും ദൃശ്യരൂപത്തിനും അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് പറഞ്ഞു ചിത്ത ചൈത്യങ്ങളെന്ന് മുമ്പിൽ പറഞ്ഞു ഇതെല്ലാം എന്താണ് ഒരേ ഒരു തത്വത്തിന്റെ സ്പന്ദനമാണ് സ്പന്ദനം എന്ന് വേണോ എങ്കിൽ പറയാം അല്ലെങ്കിൽ പരിണാമം എന്ന് പറയാം അല്ലെങ്കിൽ വിവർത്തം എന്ന് പറയാം ഇവിടെ എന്ത് പറഞ്ഞാലും ഒരർത്ഥമാണ് മറ്റു പല സന്ദർഭങ്ങളിൽ ഇതിനൊക്കെ വേറെ വേറെ അർത്ഥങ്ങളാണ് പരിണാമം എന്ന് പറഞ്ഞാൽ വേറെ വിവർത്തം എന്ന് പറഞ്ഞാൽ വേറെ സ്പന്ദനം എന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ അതെന്താണ് ഭാഷയ്ക്കനുസരിച്ചല്ല പറയുന്നത് അർത്ഥത്തിനനുസരിച്ച് ഭാഷയെ സ്വീകരിച്ചോ അതാണ് ഭാഷയ്ക്ക് പ്രാധാന്യമില്ല അർത്ഥത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ചിത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നു അസംഘം ആത്മാവാണ് തുര്യൻ എന്നും പറയാം തുര്യൻ ഇവിടെ ചിത്തം എന്നുള്ള ശബ്ദം ഉപയോഗിക്കും മറ്റു പല സന്ദർഭങ്ങളിലും അദ്വിധത്തിൽ തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല അവിടെ നമ്മൾ പറയുന്നതാണ് ചിത്തം ബുദ്ധി അഹങ്കാരം എന്നെല്ലാം വേറെ വേറെ പറയും അത് വേറെയാണ് ആത്മാവ് വേറെയാണ് ആത്മാനാത്മവിവേകം അവിടെ എന്താണ് ആത്മാവിൽ നിന്ന് ചിത്തത്തെ വേറെയാക്കുന്നു ഇങ്ങനെ പല പ്രക്രിയകളും അഭ്യാസങ്ങളും ഉണ്ട് ഇവിടെ പറയും ഇവിടെ അചാര്യം എന്താണ് അങ്ങനെ ഭാഷയുടെ നിയമങ്ങൾക്കൊന്നും വഴി കൊടുക്കുന്ന വ്യാകരണത്തിനനുസരിച്ചല്ല സംസാരിക്കുന്നു ആത്മതത്വത്തെ കുറിച്ച് പറയുമ്പോ ഡിക്ഷണറി നോക്കി സംസാരിക്കാൻ ഒക്കത്തില്ല നമ്മുടെ വ്യാഖ്യാതാക്കള് ചെയ്യുന്ന പോലെ നമ്മുടെ ഭാഷയ്ക്കപ്പുറമാണ് അവർക്ക് ഏത് ഭാഷയിലൂടെയും പദത്തിലൂടെയും ഒരാശയത്തെ തന്നെ ബോധിപ്പിക്കാൻ പറ്റും അവിടെ പദവിപത്തി നോക്കിയിട്ടല്ല സംസാരിക്കുക അവിടെ തത്വദൃഷ്ടിയിലാണ് സംസാരിക്കുന്നത് ഭാഷാ ദൃഷ്ടിയിലാണ് അതുകൊണ്ട് ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ തുരിയിൽ നിന്നും എടുക്കണം അതുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞില്ലേ എന്നൊന്നും ചോദിച്ചോളൂ ാല്പര്യ ഇതാണ് ചിത്തസ്പധിതമാണ് നമ്മളിവിടെ ചിത്തം എന്ന് പറയുമ്പോൾ മനസ്സെന്നുള്ള എടുക്കും എന്നിട്ട് പറയും മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അവിടെ പറഞ്ഞ ആത്മാഅനാത്മ വേദത്തിന്റെ അനാത്മാവായ മനസ്സ് അതിന്റെ സ്പന്ദനമാണ് അതിന്റെ പരിണാമമാണ് അത് എങ്ങനെയാണ് ശരിയാകും അവിടെ അങ്ങനെയല്ലോ പറഞ്ഞത് വേറെ അടുത്ത് വേറെ രീതിയിൽ പറഞ്ഞില്ലേ എന്നും ിച്ചിട്ട് കാര്യമില്ല ഇത് മനസ്സിലാക്കുന്നതിന് ഇതിലുള്ള ഏകാഗ്രതയാണ് ആവശ്യം ഇവിടെ ഇരുന്നിട്ട് യോഗശാസ്ത്രത്തിലേക്കും മന്ത്രശാസ്ത്രത്തിലേക്കും തന്ത്രശാസ്ത്രത്തിലേക്കും പിന്നെ മറ്റ് അദ്വൈത പോയാലും ഇതിന് കൂടി ഇത് ഇതിട്ടുതന്നെ നിൽക്കണം ആചാര്യന്റെ ആശയങ്ങളിൽ തന്നെ നിൽക്കണം എന്നാൽ ഇവിടെ പറയുന്ന മനസ്സിലാക്കും യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ അവിടെ പോകണം അവിടെ പോയിട്ട് ചിന്തിക്കണം ഇവിടെ ചിന്തിച്ചാൽ അത് ശരിയാകും അവിടെ ഇത് ശരിയാകത്തില്ല അതുകൊണ്ട് ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന സങ്കല്പം എന്നുള്ള അർത്ഥത്തിലല്ല സാധാരണ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന മനസ്സെന്നുള്ള അർത്ഥത്തിലല്ല എന്നാൽ ഇത് അതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഏതിനെങ്കിലും ഇത് നിഷേധിക്കുന്നില്ല സർവത്തെ ഉൾക്കൊള്ളുന്നതാണ് അതിന്റെ സ്ഥന്ധനമാണ് ഇതം ഈ കാണുന്ന ഗ്രാഹ്യ ഗ്രാഹകദ്വയം ഇവിടെ കാണുന്ന ഈ ദ്വന്ദങ്ങൾ ഇവിടെ ഈ ദ്വന്ദ്ങ്ങൾ എന്ന് പറയുമ്പം സർവത്തെ രണ്ടായിട്ടേ തിരിക്കാൻ പറ്റുന്നു ഗ്രാഹകവും മറ്റൊരു ഗ്രാഹ്യം ദർശനം മറ്റൊന്ന് രണ്ട് ദ്വന്ദ്ങ്ങളാണുള്ളത് ദർശനവും ദൃശ്യവും അത് തന്നെ ജാഗ്രതത് അത് തന്നെ സ്വപ്നം ദർശനവും ദൃശ്യവും സുഷൃപ്തിയിലേക്ക് വന്നാലോ അതില്ല ഇവിടെ ഈ ചിത്തം എന്ന് പറയുന്നതോ അതവിടെ സുഷുതി അത് തന്നെ സുഷൃപ്തി എന്ന് പറയുന്നു ഈ ചിത്തം തന്നെ നേരത്തെ പറഞ്ഞല്ലോ അവിടെ സങ്കല്പമില്ല മനസ്സില്ല ഇവിടെ നമുക്ക് പറയുന്നതാണ് ചിത്തം ഉണ്ടാവും എന്തുകൊണ്ട് ഇവിടെ ചിത്തം എന്ന് പറയുന്നത് തന്നെയാണ് തുര്യനും ഇതിനെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നത് അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുതിയിലും എല്ലാം ഒരുപോലെ ഇടിക്കും അത് ദർശന ദൃശ്യങ്ങളിൽ നിന്ന് വേറെ സ്വപ്നത്തിലെ ദർശന ദൃശ്യങ്ങളിൽ നിന്നും വേറെ സുഷുപ്തിയിൽ കുറിച്ച് നമ്മൾ ഇപ്പോ സങ്കല്പിക്കുമ്പോൾ എത്തിച്ചേരുന്ന അജ്ഞത അതിൽ നിന്നും വേറെ അതുകൊണ്ടവന് തുര്യൻ എന്ന് പേരിട്ടു അതുകൊണ്ടാണ് തുര്യൻ എന്ന് പേരിട്ടത് ഇത് സർവുമായിരുന്നിട്ട് ഇത് തുര്യനായിരിക്കും ഇതാണ് എന്തായാലും സർവമെന്ന് പറയുമ്പോൾ എന്തായാലും ജാഗ്രത സ്വപ്ന സുശക്തി ഇത് മൂന്നുമായിരുന്നിട്ടും ഇത് നാലാമത്തവനുമായിരിക്കുന്നു അതുകൊണ്ടവന് നാലാമത്തവൻ എന്ന പേരിൽ തിരിയുന്നുണ്ട് അതിനെക്കുറിച്ച് എങ്ങനെ പറയാം ഇത് സർവവുമായിരിക്കുന്നു എന്നാൽ സർവത്തിൽ നിന്നും വിലക്ഷണനായിരിക്കുന്നു സർവത്തിൽ നിന്നും വേറിട്ട് വിരിക്കുന്നു സർവവുമായിരിക്കുന്നൊണ്ട് തന്നെയാണ് ഇങ്ങനെ ജാഗ്രത സ്വപ്ന സുശക്തി എന്ന് പറയുന്നത് സർവത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നതുകൊണ്ട് ഇവന് മറ്റൊന്നൊന്നും പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് തുര്യൻ എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ തുര്യൻ സ്പന്ദിതമാണോ ഇതം ഗ്രാഹകീ ബി ദ്തീതി അദ്വൈതപ്രതീതി ദർശന ദൃശ്യം ഇത് ഇതാണ് പ്രതീതി ഇതിങ്ങനെ ഇരിക്കെ തന്നെ അതാണ് ഇത് ഇതിന്റെ സവിശേഷം ഒന്നും മറ്റൊന്നാ മാറിക്കഴിഞ്ഞാൽ അത് മാറുന്ന സമയത്ത് അതിന്റെ പൂർവ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാനും വിഷമമാണ് പരിണാമം എന്ന് പറയുന്ന ഒരു സ്പന്ദനമാണ് പാല് പരിണമിച്ച് തയ്യാറാവുക പൈരായാൽ അതിന് പാലായിരിക്കാൻ പറ്റത്തില്ല അതൊരു സ്പന്ദനമാണ് പക്ഷെ സ്പന്ദനമല്ല ഈ ഇങ്ങനെ ജാഗ്രതായും സ്വപ്നമായും സുഷുപ്തനായുമെല്ലാം ഇരിക്കുമ്പോൾ ചിത്തം നിർവിഷയം ഇത് സ്പന്ദനരഹിതനായും ഇരിക്കുന്നു നിഷ്പന്തമായും ഇരിക്കുന്നു എന്നുള്ളതാണ് ഇത് എന്താണോ ഒരിക്കൽ നിഷ്പന്ദമായിരിക്കുക പിന്നീട് വേറൊരു കാലം വേറൊരു സമയത്ത് സ്പന്ദിക്കുക അങ്ങനെയല്ല പാല് ഒരു സമയത്ത് നിഷ്പന്ദമായിരുന്നു എന്നുവെച്ചാൽ തൈരിന്റെ പരിണാമത്തെ അത് അത് കഴിഞ്ഞ് പിന്നെ അത് പരിണമിച്ച് തൈരായി അപ്പോ ആയതുകൊണ്ട് സംഭവിക്കുന്നത് രണ്ട് കാലങ്ങളിൽ സംഭവിക്കുന്നു രണ്ട് ദേശങ്ങളിൽ സംഭവിക്കുന്നു എന്നും പറയാം പക്ഷെ ഇവിടെ എന്താണോ ഇവിടെ പറയുന്ന ചിത്രം ഈ കാലദേശങ്ങൾക്കെല്ലാം ആധാരമാണ് ഈ ചിത്രത്തിന്റെ സ്പന്ദനമാണ് താലവും ദേശവും അതുകൊണ്ട് കാലദേശസ്പന്ദനങ്ങളിലൂടെ ഇത് ഗ്രാഹ്യ ഗ്രാഹക ഭാവത്തിലിരിക്കുമ്പോഴും ഇത് നിഷ്പന്ദമായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ടാണ് മരുമരീചികളെ ജനം കൊണ്ട് മരുഭൂമി നനയുന്നില്ല എന്ന് പറയുന്നു അത് രണ്ട് സംഭവിക്കുന്നു ഒരേ സമയം അവിടെ ജലം പ്രത്യക്ഷമാകുന്നു അതേസമയം അവിടെ ജലം കൊണ്ട് മരുഭൂമി നനയുന്നതുമില്ല അതുപോലെയാണ് കൂടി സംഭവിക്കുന്നു ഒരേ സമയം ഇത് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം തന്നെ അസ്പന്ദ നിസ്പന്ദ ഇത് സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതിനെ സംസാരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്നത് നിത്യമുക്തനാണെന്നും പറയും അതാണ് ബന്ധത്തിന്റെയും മോക്ഷത്തിന്റെയും രഹസ്യം അതാണ് അജാതവാദത്തിന്റെ പരമമായ താല്പര്യം അത് മുമ്പ് പറഞ്ഞല്ലോ മോക്ഷവില്ല മുക്തനില്ല ഗുരുവില്ല ശിഷ്യനില്ല സാധകനില്ല എന്നെല്ലാം പറഞ്ഞത് ഇത് തന്നെയാണ് അതിവിടെ പറയുന്നു ചിത്രം നിർവിഷയം നിർവിഷയമായിരിക്കുന്നു എപ്പോ നിർവിഷയമായിരിക്കുന്നു നിങ്ങൾ മുക്തി നേടിയതിനു ശേഷമാണോ അല്ല നിത്യം നിങ്ങൾ ബന്ധനസ്ഥനായിരിക്കുമ്പോഴും ബന്ധനത്തിൽ നിന്നും മുക്തനായിരിക്കുന്നു അസംഗം അതുകൊണ്ട് തന്നെ എന്താണോ സംഘത്തിൽ പെട്ടിരിക്കുമ്പോഴും അസംഖനായിരിക്കുന്നു ഇതിന്റെ അകർവരം ബന്ധാണോ ഇത് സംഘത്തിലിരിക്കുമ്പോഴും അസംഖന എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം പോലെ തോന്നുന്നു ഇത് ബന്ധനത്തിൽ പെട്ടിരിക്കുമ്പോഴും മുക്തനാണെന്ന് പറഞ്ഞാൽ അതിന് വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നുന്നു എന്താണ് ഒന്ന് സത്യം മറ്റൊന്ന് അസത്യം ആണ് വ്യത്യാസം ബന്ധമോക്ഷങ്ങൾ എന്ന് പറയുന്നത് അത് അസത്യം അതിനതീതമായിരിക്കുന്ന അവസ്ഥ നിരപേക്ഷമായ അവസ്ഥ അത് സത്യം അതുകൊണ്ട് അതിന് നിത്യമുക്തനായിരുന്നു കൊണ്ട് തന്നെ ഈ ബന്ധനത്തിൽപ്പെടാൻ കഴിയും നിത്യമുക്തനായിരുന്നു മോക്ഷവും സാധകനും മുഗ്ധനുമൊക്കെ ആയിത്തീരും അസംഘം തേന കീർത്തിതം അതാണ് ശാസ്ത്രങ്ങളിലെല്ലാം പറയുന്നത് എന്ന ആത്മാവിന്റെ വാസ്തവസ്ഥിതിയെ കുറിച്ച് ശാസ്ത്രം ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതാണ് പരമാർത്ഥം നിത്യം അസംഘം തേനകീർത്തി ശി ഓം ശാന്തി